അധ്യായം പതിനാറ് യോസഫിന്റെ മക്കൾക്ക് കിട്ടിയ അവകാശം എരിഹോവിന്റെ സമീപത്ത് യോർദാൻ തുടങ്ങി കിഴക്ക് യരിഹോ വെള്ളത്തിങ്കൽ മരുഭൂമിയിൽ തന്നെ തുടങ്ങി എരിഹോവിൽ നിന്ന് മലനാട് വഴിയായി ബേത്തലിലേക്ക് കയറി ബേത്തലിൽ നിന്ന് ലൂസിന് ചെന്ന് അർക്കേരുടെ അതിരായ അതാരൂത്തിന് കടന്ന് പടിഞ്ഞാറോട്ട് യഫ്ലേത്തിയരുടെ അതിരിലേക്ക് താഴത്തെ അതിർ വരെ ഗേസർ വരെ തന്നെ ഇറങ്ങിച്ചതിങ്കൽ അവസാനിക്കുന്നു അങ്ങനെ യോസെഫിന്റെ പുത്രന്മാരായ മനഷിക്കും യഫ്രൈമിനും അവകാശം ലഭിച്ചു യഫ്രൈമിന്റെ മക്കൾക്ക് കുടുംബം കുടുംബമായി കിട്ടിയ ദേശം ഏതെന്നാൽ കിഴക്ക് അവരുടെ അവകാശത്തിന്റെ അതിർ മേലത്തെ ബെഥ് ഓരോൻ വരെ അതേരോ അദ്ദാർ ആയിരുന്നു ആ അതിർ മിഖ്മെത്താത്തിന്റെ വടക്കുകൂടി പടിഞ്ഞാറോട്ടു ചെന്ന് താനത് ഷിലോ വരെ കിഴക്കോട്ട് തിരിഞ്ഞ് അതിനരികത്തുകൂടി യാനോഹയുടെ കിഴക്ക് കടന്ന് യാാനോഹയിൽ നിന്ന് അതേരോത്തിനും നാരാത്തിനും ഇറങ്ങി എരിഹോവിലെത്തി യോർദാങ്കൽ അവസാനിക്കുന്നു തപ്പൂഹയിൽ നിന്ന് ആ അതിർ പടിഞ്ഞാറോട്ട് കാന തോടുവരെ ചെന്ന് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു യഫ്രൈം ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ ഈ അവകാശം കൂടാതെ മനുഷ്യമക്കളുടെ അവകാശത്തിന്റെ ഇടയിൽ യഫ്രൈം മക്കൾക്ക് വേർതിരിച്ചു കൊടുത്ത പട്ടണങ്ങളൊക്കെയും അവയുടെ ഗ്രാമങ്ങളും കൂടെ എന്നാൽ അവർ ഗേസറിൽ പാർത്തിരുന്ന കനാന്യരെ നീക്കിക്കളഞ്ഞില്ല കനാന്യർ ഇന്നുവരെ എഫ്രൈമരുടെ ഇടയിൽ ഊഴിയവേല ചെയ്ത് പാർത്തുവരുന്നു